ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിലെ അതിരുകടക്കലുകളും ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങൾക്ക് വിജയം നൽകേണമേ എന്ന് പറയുക മാത്രമായിരുന്നു അവരുടെ വാക്കുകൾ